അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ചന്ദ്രകലാധരൻ മാത്രമാണ് സത്യം ബാക്കിയെല്ലാം മിഥ്യ അവിടുന്ന് വേറെ ഈശ്വരൻ എനിക്കില്ല മനസ്സ് തുടങ്ങി മാറി വരുന്ന എല്ലാ ജഡങ്ങളും തന്നിൽ ലയിപ്പിക്കുന്ന പൊൻപ്രഭവി തരുന്ന ദീപകാന്തിയെപ്പോലും തരം താഴ്ത്തുന്ന ജ്ഞാനാഗ്നി കുമേ ഗ്രന്ഥികളെല്ലാം തകർത്ത് ഭാരം കുറഞ്ഞ ശാന്തിസ്വരൂപ ചക്കരക്കുടമേ അവിടുന്ന് എന്നെ രക്ഷിക്കണമേ എന്ന പ്രയോഗം അവിടെ ആഴി എന്നു പറഞ്ഞാൽ കുണ്ടസമാനമായ ആഴി അതായത് കത്തിജ്വലിക്കുന്ന വലിയ തീക്കുണ്ടമേ അത് കനലായി കാണപ്പെടും ചാരമൊക്കെ പോയിട്ട് കനലായിട്ട് കാണും അത് അന്ധക്കരണത്തെയൊക്കെ കത്തിക്കും എന്ന് സാരം അതുകൊണ്ട് ആ പ്രയോഗം വളരെ നല്ലതാണ് അതിന് ശ്രുതിയുമായുള്ള ബന്ധം ഭിദ്ധ്യത ഹൃദയഗ്രന്ഥി ക്ഷിദ്ന്ദേ സർവസംശയ ക്ഷീയന്തേ ജാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരെ അഗ്നി നക്കിയെടുക്കുന്നത് പോലെ നക്കിയെടുക്കുന്ന ആ നക്കിയെടുക്കുന്നതിന് കളി കരാളി മനോജവ സ്ഫുലിംഗിനി വിശ്വരുചി എന്നൊക്കെ ആ ദേവിയുടെ പേരുകൾ കനങ്കുറഞ്ഞ ഗ്രന്ഥികൾ ബന്ധങ്ങൾ ഇല്ലാത്ത മേനി ഇനി ഒരു ഗ്രന്ഥിയും പൊട്ടാനില്ല ഗ്രന്ഥികൾ പൊട്ടിയാൽ പിന്നെ സംശയമില്ല അതിനായി ലളിതസഹസ്രനാമൊക്കെ ജപിക്കുന്നത് തന്നെ കാരണം ഓരോ സൃഷ്ടിയുടെ ഓരോ തലങ്ങളുണ്ട് മഹിം മൂലാധാരെ കമഭിമണിപൂരെ കം ജലം മണിപൂരത്തിൽ ഹുതവഹം സ്വാധിഷ്ഠാനത്തിൽ ഉപരി ആകാശം നിലകൊള്ളുന്ന ആ അവസ്ഥകളിൽ ഇവയെ സംയോജിപ്പിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കൊരുക്കുന്ന ജനിമരണങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയയെ ഇല്ലായ്മ ചെയ്യാൻ മൂലാധാരക നിലയായ ദേവി ബ്രഹ്മഗ്രന്ഥിയെ ഭേദിച്ച് അങ്ങനെ ഓരോ ഗ്രന്ഥികളും കടന്ന് सुधासारं सहस्रांबुजारूढ़ सार्षिक सुधा साराणी अब तड़े तमरुचि कुंडलिनी देवी अदालोचना അത് താന്ത്രികമായി പഠിക്കണം ഇതിനെ അങ്ങനെ പഠിക്കാവുന്നതാണ് ഈ ഒരു ശ്ലോകമല്ല മൊത്തം ഒരു എന്തെങ്കിലും ഒരെണ്ണം പഠിക്കാതെ ബാക്കുകിടക്കട്ടെ ഇല്ലേ പഠിച്ചത് മനോഹരമാണെങ്കിൽ പഠിക്കാനിരിക്കുന്നത് എന്തായാലും എന്തായാലും അതിമനോഹരമായിരിക്കും ഇത്രക്ക് അത്രയെങ്കിൽ അത്രയ്ക്ക് എത്രയെന്ന് ഒരു തോന്നൽ ബാക്കുകിടക്കുന്നതെങ്കിലും ഒരു സുഖമാണ് അതുകൊണ്ട് എങ്ങനെയുണ്ട് അതിൻ്റെ തലത്തിൽ വരുമ്പോൾ ഇതിൻ്റെ എല്ലാം പദങ്ങളുടെ അർത്ഥം താന്ത്രികമായി മാറും അതവിടെ ഇരിക്കട്ടെ നമുക്ക് അടുത്ത ശ്ലോകം ഏഴ് നിലം നിലിമ്പരാടമ്പിളിക്കലം തിലം വിളങ്ങിടുന്ന ചഞ്ചിടക്കിടക്കണഞ്ഞിടും ചിലങ്ക കണ്ടു ചഞ്ചലപ്പെടും മുഖം മലർന്ന പൂങ്കുലയ്ക്ക് കുമ്പിടും പടിക്കിനി കനിഞ്ഞുകൂറു നീ നിലം നിലിമ്പരാറുപം എലിമ്പോടംപിളിക്കല ിലമ്പിലങ്ങിടുന്ന ജഞ്ചിട ഇടയ്ക്കണഞ്ഞിടും ചിലങ്ക കണ്ടു ചഞ്ചലപ്പെടും മുഖം മലർന്ന പൂങ്കുലയ്ക്ക് കുമ്പിടും പടിക്കിനി കനിഞ്ഞു ഇത്ര ലളിതമാണല്ലേ പക്ഷെ ഒന്ന് വായിച്ചു നോക്കി ഇത്രയും ലളിതമായത് നിങ്ങളൊന്ന് വായിച്ച് വയ്ക്കും മലയാളമൊക്കെ അറിയാം അല്ലേ ഏ വീട്ടിൽ ചിലപ്പം നല്ല വായിച്ച് നോക്കണം ഇല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ വായിച്ച് വായിച്ച് ഉറപ്പിച്ച് നോക്കണം അല്ലെങ്കിൽ പിന്നെ വായിക്കുമ്പോൾ ചിലപ്പോൾ ഇത് എവിടെയാണ് ഇത് പിരിക്കേണ്ടതെന്നറിയാൻ മേലാതെ വിഷമിക്കും ചിലരെങ്കിലും വിഷമിച്ചിട്ടുണ്ടാവും ഇതാദ്യം പുസ്തകം കൈ കിട്ടിയപ്പോൾ വായിക്കാൻ നേരത്ത് ഇല്ലേ ഇതെവിടെയാണിതെന്ന് ഞാൻ എവിടുന്ന ഇത് സ്വരം എടുക്കേണ്ടത് സംശയം തോന്നും ഇതാണ് പഴയ മലയാളം അതുകൊണ്ടത് അക്ഷരശുദ്ധി ഉണ്ടാവും അതുകൊണ്ട് മസ്തിഷ്കത്തിന് പ്രയോജനം കിട്ടും അതിലാ പദങ്ങൾ എത്ര ലളിത പദങ്ങൾ എടുത്തിട്ടാണ് ഈ പണി പണിതിരിക്കുന്നത് അതിൽ നിലം നിലിമ്പർ ആറ് പാമ്പ് എലുംബ് അമ്പിളിക്കല തിലം ഇത്രയും സാധനങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതിൽ അമ്പിളിക്കല തിലം എന്നൊന്നിച്ചും പറയാം രണ്ടായിട്ടും പറയാം നിലം അകവശം റ് നിലിംബർ ദേവന്മാർ നിലിംബർന്ന് വേറിട്ടിട്ട് ആർ എന്ന് നിലം നിലിംബർ ആറ് ഇങ്ങനെ എടുക്കാം നിലം നിലിംബരാർ എന്ന് ഒന്നിച്ചെടുക്കാം നിലം സ്ഥലം നിലിംബരാറ് ദേവഗംഗ ദേവഗംഗ പാമ്പ് എലുംബ് അമ്പിളിക്കല തിലം പാമ്പ് എല് ചന്ദ്രക്കല എള് ഇങ്ങനെ എടുക്കാം പാമ്പ് എല് ഈ എള്ളോളം വരുന്ന ചന്ദ്രൻ എന്ന എള്ളിനെ ചന്ദ്രനോട് ചേർത്ത് എടുക്കാം തിലത്തെ തിലകമെന്നും എടുക്കാം ബുദ്ധിമുട്ടാതെ നേരെ എടുക്കാവുന്ന തിലംന്ന് തന്നെയാണ് ചെഞ്ചിടയ്ക്ക് ചെമ്പിച്ച ജടയുടെ ഇടയ്ക്ക് മധ്യത്തിൽ ചിലങ്ക കണ്ട് കാൽ ചിലങ്ക കണ്ടിട്ട് ചഞ്ചലപ്പെടും ചഞ്ചലപ്പെട്ട് മുഖം മലർന്ന പൂങ്കുലയ്ക്ക് വിടർന്ന പൂങ്കുലയ്ക്ക് കുമ്പിടുമ്പടിക്ക് ആ പൂങ്കുലയെ കുമ്പിടുമാറ് വിനയാന്യുതനായ എനിക്ക് ഇനി കനിഞ്ഞുകൂറു നീ കനിവാർന്ന് എനിക്ക് നീ അവിടുത്തെ രൂപം വെളിപ്പെടുത്തി തരയണമേ എനിക്കൊന്നേ ആഗ്രഹമുള്ളൂ നിന്നെ അറിയണം നീ എല്ലാം കൂടെ ചേർന്നവനാണ് വിരാട്ടാണ് പൃഥ്വി അതായത് ഭുർലോകം ഭൂർലോകം സ്വർലോകം തപോലോകം ജനലോകം സത്യലോകം മഹർലോകം എന്ന സപ്തലോകങ്ങളും മുകളിലേക്ക് അതലം വിദലം തലാതലം തുടങ്ങിയ സപ്തലോകങ്ങളും താഴേക്ക് ഓംഭുർ ഓംഭുവം സ്വ ഓം എന്ന് തുടങ്ങുന്ന സപ്തലോകങ്ങൾ സപ്തവ്യാഹൃതികളായി കാണുന്ന ലോകങ്ങൾ ആ ഏഴ് ലോകങ്ങൾ മുകളിലേക്ക് ഏഴ് ലോകങ്ങൾ താഴേക്ക് ആ നിലം ദേവഗംഗ നിലിമ്പരാറ് അതിലെ ദേവന്മാർ മുഴുവൻ പിന്നെ ദേവഗംഗയും അങ്ങനെ എടുക്കാം ദേവഗംഗയെന്നും എടുക്കാം പാമ്പ് അതിൻ്റെ കൈയിലും കഴുത്തിലും എല്ലാം പാമ്പ് തന്നെയാണ് സർപ്പഭൂഷണനാണ് നീ പാമ്പ് എലുംപ് എല് അത് നിൻ്റെ കയ്യിലുണ്ട് അമ്പിളി അമ്പിളിക്കലയും നിൻ്റെ തലയിലുണ്ട് വിത്താധിപനായതുകൊണ്ട് വിത്തെല്ലാം നിൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ സൂചിത മാത്രമായ തിലം എള് എല്ലാത്തിൻ്റെയും ബീജം നീയാണ് നിന്നിൽ നിന്നാണല്ലാം ഉണ്ടാകുന്നത് അതിൻ്റെ സൂചനയായി തിലം എല്ലാത്തിനും അലങ്കാരവും നീയാണ് അതുകൊണ്ട് തിലകം എള്ളിൻ്റെ വലിപ്പത്തിൽ ചന്ദ്രക്കല എന്നർത്ഥമെടുത്താലും തെറ്റില്ല ചില ആചാര്യന്മാർ അങ്ങനെയും വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ പുസ്തകങ്ങളിൽ പക്ഷേ എല്ലാം വേറെ വേറെ എടുക്കുന്നതാണ് വ്യാപ്തി അതിന് സാധ്യതയുള്ള വേറെ ഭാഗങ്ങളുമുണ്ട് അങ്ങനെ ശോഭിക്കുന്ന ചെഞ്ചിടക്കിടയ്ക്ക് നിൻ്റെ ചെമ്പിച്ച ജടയുടെ മധ്യത്തിൽ കണ്ടിട്ട് ചഞ്ചലപ്പെട്ട് മുഖം മലർന്ന പൂങ്കുലയ്ക്ക് മുഖം വിടർന്ന പൂവിൻ്റെ കുലയ്ക്ക് കുമ്പിടുന്ന പടി ആ കാൽച്ചിലങ്ക മലർന്ന പൂ പോലെയാണെന്ന് രൂപകം അങ്ങനെ അർത്ഥമെടുക്കാം പക്ഷേ ആ അർത്ഥമൊന്നും എങ്കിലും അങ്ങനെ അർത്ഥമെടുക്കാം നിന്റെ തലയിൽ കാണുന്ന കാൽച്ചിലങ്ക ആ ജടയ്ക്കകത്തു പൂവിടുന്നതുപോലെ കാണുന്ന ആ പൂങ്കുലയെ കുമ്പിടുമാർ വിനയാന്വിതനായ എനിക്ക് നീ കനിവാർന്ന് അവിടുത്തെ രൂപം ഒന്ന് വെളിപ്പെടുത്തി തരയണമേ ഇതെല്ലാം ചേർന്ന ആ രൂപത്തെ ശരിക്ക് വെളിപ്പെടുത്തി തരയണമേ എന്ന് ഒരർത്ഥം പറയാം രണ്ട് ഇതെല്ലാം തലയിലേറിയ ഈശ്വരൻ ഇതെല്ലാമുണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ ജഡാചൂടത്തിൽ ഗംഗ എന്ന ദേവി കാൽച്ചിലങ്കകളിലക്കി കളിക്കുന്നത് കണ്ട് സപത്നി മത്സര്യമുണ്ടായ പാർവതി പിണങ്ങി മാറുമ്പോൾ വിടർന്ന മുഖകമുല കമലത്തെ സുരതം കൊണ്ട് ആസ്വദിക്കുന്ന ഹേ ഭഗവൻ ആ സുരതത്തെ വിനയാന്വിതനായി നമസ്കരിക്കുമാർ നിൽക്കുന്ന എനിക്ക് അങ്ങയുടെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി തരേണമേ ഹേ സുരതനാഥ എന്ന് വേറൊരു അർത്ഥം അത് ബ്രഹ്മചാരികളും സ്വാമിമാരും പഠിക്കണ്ട കാരണം അവിടെ ഒരു കൽപ്പനയുണ്ട് ആ കൽപ്പന കുറച്ച് തന്ത്രയോഗയിൽ കൂടിയതാണ് ഉണ്ട് അങ്ങനെയും പഠിക്കാം പക്ഷേ അവിടെയും ഗംഗ സ്ഥിരമായി തലയിലിരിക്കുന്നതാണ് ഇപ്പം പാർവതി അതിന് പിണങ്ങാനാണെങ്കിൽ എപ്പോഴും പിണങ്ങിക്കൊണ്ടിരിക്കേണ്ടതാണ് അതുകൊണ്ട് നമുക്ക് കുറേ കൂടെ രസകരമായി മറ്റൊരു സൂചിതകഥ ശൈവാഗമങ്ങളിൽ നിന്നെടുക്കാം പണ്ട് ഭഗവാൻ ഒരു ദിവസം പാർവതി പുത്രൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് പിതൃഗൃഹത്തിലേക്ക് പോയി ആ സമയത്ത് ഭഗവാനിൽ ഭക്തയായി മധുര എത്തുകയുണ്ടായി ഈ മധുരയെ അങ്ങനൊരു പുരാണ കഥയുണ്ട് മധുര വളരെ കാര്യമായി ഭഗവാനെ പരിചരിച്ചു മധുരയിൽ പ്രസീതനായ ഭഗവാൻ മധുരയോട് ചേർന്നു രണ്ടു തരത്തിലാണ് ഈ കഥ പറയുക പാർവതി തിരിച്ചെത്തുമ്പോൾ മധുരയുടെ കുജങ്ങളിൽ ഭഗവാന്റെ ഭസ്മം കണ്ട് കോപാകുലയായി എന്നാണ് ഒരു കഥ ഭഗവാൻ പാർവതിയെ കണ്ട് ഭയന്ന് മധുരയെ ജഡയിൽ ഒളിപ്പിച്ചപ്പോൾ പാർവതി ജഡയിലേക്ക് നോക്കിയപ്പോൾ മധുര തൻ്റെ കാലിളക്കി കാണിച്ചു എന്നാണ് മറ്റൊരു കഥ ഇങ്ങനെയൊക്കെ പുരാണങ്ങളിൽ ഒരുപാട് കഥകളുണ്ട് അതൊക്കെ അതിൻ്റെ വൈകാരികതയെ ആസ്വദിക്കാൻ അറിയുമെങ്കിലേ കേൾക്കാവൂ അവിടെയൊന്നും നിങ്ങളുടെ യുക്തി കൊണ്ടുപോകരുത് പിന്നെ അത് ആസ്വാദ്യമല്ല അതുകൊണ്ട് മധുര ഇങ്ങനെ കാലിളക്കി കാണിക്കുമ്പോൾ പാർവതി കോപിച്ചുവശായി മധുരയെ ശവിച്ചു നീ മണ്ടൂകമായി പോകട്ടെ അങ്ങനെയാണ് ശവിച്ചത് അതാണ് സാക്ഷാൽ മണ്ടോദരി കഴിടില്ല അതിലന്ന് ശിവനുമായി ചേർന്ന ബീജമാണ് രാവണൻ വിവാഹം കഴിച്ചു കഴിഞ്ഞ് ആദ്യപുത്രനായ മേഘനാഥനായി ഉണ്ടാകുന്നത് അത് ശിവൻ്റെ പുത്രനാണ് രാവണൻ്റെയല്ല പുരാണമനുസരിച്ച് ഇങ്ങനെ പുരാണ കഥ സൂചിപ്പിക്കുന്നുണ്ട് ഒരു പുരാവൃത്തം ഇതിലുണ്ട് അതുമൊക്കെ ഗൃഹസ്ഥന്മാർ പഠിച്ചാൽ മതി മറ്റതാണ് ആദ്യം പറഞ്ഞതാണ് എല്ലാവർക്കും പഠിക്കാമോ ഇങ്ങനെ ഒരെണ്ണം ഇല്ല എന്ന് തോന്നരുത് കാരണം ഇങ്ങനെയുള്ളത് ഒക്കെ ആചാര്യന്മാരുടെ ഭാവനയിൽ ആ സമയത്ത് വരുമ്പോൾ അവർ ആ കളങ്കെല്ലാം മാറ്റിയിട്ട് ദർശിക്കുന്നത് ആ സത്യത്തെയാണ് ദർശിക്കുന്നത് അപ്പോൾ അവിടെ ഇതെല്ലാം സൂചിതമായി പോവുകയും ചെയ്യും അങ്ങനെ വരുന്നതാണ് ആ ചിലങ്ക കണ്ടു മണ്ടൂകമാകാൻ ശമിച്ചു ചില പുസ്തകത്തിൽ കുജത്തിലെ ഭസ്മമൊന്നുമുണ്ട് അപ്പോൾ തന്നെ ചുംബിക്കുവാനെത്തിയ പാർവതിയെ സ്മരിച്ച് ശിവപാർവതി സംഗമത്തെ സ്മരിച്ച് വിനയാന്യുതനായി നമസ്കരിക്കുന്ന എനിക്ക് ശിവശക്തി ഐക്യത്തെ സ്മരിച്ചെത്തുന്ന എനിക്ക് അവിടുന്ന് അവിടുത്തെ ശരിയായ രൂപം ശക്തിയും ശൈവവുമായിരിക്കുന്ന ഇതിൽ ഏതാണ് അങ്ങയുടെ ശരിയായ രൂപം അതെനിക്ക് വെളിപ്പെടുത്തി തരണമേ ശിവശക്തിയുക്തമാണ് എല്ലാം ഉണ്ട് അങ്ങനെ എടുത്താൽ കൂടുതൽ മാധുര്യമാണ് അവിടെ ആ ചഞ്ചലപ്പെടുക എന്നൊരു പദം എടുത്താൽ ഗംഗ ചിലങ്കയാട്ടിക്കാണിക്കുമ്പോൾ ശിവശീർഷത്തിലിരിക്കുന്ന ഗംഗയെ കണ്ട് അറച്ചു പിന്മാറുന്ന ഒരു പാർവതിയുടെ ചിത്രം ആ ചഞ്ചലപ്പെടും ചില കാൽ ചിലങ്ക് കണ്ട് ചഞ്ചലപ്പെടും മുഖം മലർന്ന പൂങ്കുല താർമകൾ ലക്ഷ്മിയും പാർവതിയും താർമകളാണ് അതുകൊണ്ട് ആ പ്രയോഗം വളരെ ചരുവാണ് നല്ലൊരു ബിംബമാണ് മൂന്ന് തലത്തിലും കൊണ്ടുപോകാവുന്ന അതി സുതാര്യതയുള്ള ിംബമാണ് അതിനായിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു ഈ കനിവാറുന്ന അങ്ങയുടെ രൂപം ശരിക്കുള്ള രൂപം ശിവശക്തി സാമരസ്യമുള്ള അങ്ങയുടെ ശരിയായ രൂപം എനിക്ക് കാട്ടിത്തരയണമേ എന്ന് സാരം ഇതിൽ പാർവതി പറഞ്ഞിട്ടില്ല മധുര പാർവതി ഗംഗയുടെ ചിലങ്ക എന്നൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതൊക്കെ കൽപ്പന മാത്രമാണ് ഈ കൽപ്പനയൊക്കെ ഉല്ലംഘിക്കാവുന്നത് ജടാചൂടം കെട്ടി അതിൽ കെട്ടിവെച്ചിരിക്കുന്ന പാദസ്വരസമാനമായ രുദ്രാക്ഷാദികൾ കണ്ട് അത് പാദമാണോ എന്ന് ഭ്രവിച്ച് ഭഗവാന്റെ ജഡവാൻ്റെ ശീർഷത്തിൽ തന്നെ ഏതോ ഒരു തരുണി കയറിയിരുന്നു എന്ന് സങ്കല്പിച്ച് പിന്മാറുന്ന പാർവതി എന്നും സങ്കല്പിക്കാം അപ്പോൾ അത് നിങ്ങൾക്കെല്ലാം സങ്കല്പിക്കാം പലപ്പോഴും അങ്ങനെയാണല്ലോ നിങ്ങളുടെയൊക്കെ മത്സരവും നിങ്ങളൊക്കെ മത്സരിക്കുന്നതും അങ്ങനെ തന്നെയാണ് കാരണം ആരുടെയോ കാലാണോ തലയിലിരിക്കുന്നത് എന്നൊരു സംശയം അവളുടെ കാലിനകത്താണ് നിങ്ങൾ പലപ്പോഴും അവളാണ് നിൻ്റെ തലയ്ക്ക് മുകളിൽ കാല് വെച്ച് നിങ്ങളെ ഭരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ എവിടെയാണ് കേൾക്കുക എന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കുന്നവരായിരിക്കുമല്ലോ അത് അവസാനം സൂക്ഷ്മമായി നോക്കിയപ്പോൾ കാലൊന്നും തലയിലില്ല ആ ജട കെട്ടി വെച്ചിരിക്കുന്ന രീതിയും അതിൽ അലങ്കരിച്ചിരിക്കുന്ന അലങ്കാരവും കണ്ടാൽ ഒരു സ്ത്രൈണ പാദമാണോ എന്ന് തോന്നും എന്നെടുത്താൽ കുറേ കൂടെ മനോഹരമാണ് അതാണ് അതാണ് ഉത്തമം ഈ പുരാണ കൽപ്പനകളെയൊക്കെ ഉല്ലംഘിച്ച് ഉത്തമം അതുകൊണ്ട് അതിലേതും നിങ്ങൾക്ക് ആകാം അപ്പോൾ ആ ഭഗവാൻ ദേവിയുടെ മുഖം പൊത്തി മനോഹരമായ വിരലുകൾ വിടർന്ന അങ്ങനെ എടുക്കുക അന്നര അങ്ങനെയുള്ള സമയത്ത് പാർവതിയുടെ മുഖത്ത് ഭഗവാൻ്റെ വിരലുകൾ വിടർന്ന് നിൽക്കുന്ന ആ മുഖം വിരലുകൾക്കിടയിലേക്ക് ഉയർത്തുമ്പോൾ പൂങ്കുല പോലെ ശോഭിക്കുന്ന ആ കാന്താസമാഹിതമായ വാത്സല്യം അങ്ങ് അവിടെ കാണിക്കുന്ന വാത്സല്യം എന്നോടുണ്ടാകണമേ ആ കാന്താസമ്മളിതമായ ചേർച്ച ഈ അങ്ങയെ കനിഞ്ഞ് കൂപ്പുന്ന എന്നിൽ ചൊരിയണമേ എന്നൊക്കെ സാരം എട്ട് കനിഞ്ഞുമണ്ണുമപ്പുമ്പപ്പുറം കലർന്ന കാറ്റോടങ്ങണഞ്ഞ് അല്ലല്ല അല്ല തെറ്റിച്ചു കനിഞ്ഞും അണ്ണും അപ്പും അപ്പുറം ഒരപ്പൂല്ലേ രണ്ടപ്പൂല്ലേ നിങ്ങൾ ഒന്നു ചൊല്ലിയത് കനിഞ്ഞും അണ്ണും അപ്പുമപ്പുറം കലർന്ന കാറ്റോടങ്ങണഞ്ഞ് വിന്നിൽ അന്നും ഇന്നും മിന്നിടും മണം കലർന്ന മേനിയേത് അതിന്നു നീ മലർന്നിടും മണിക്കുമാനമില്ല മല്ലിടുന്നൊരല്ലുമില്ലിതിൽ കനിഞ്ഞ് മണ്ണും അപ്പും അനുഗ്രഹിച്ചുകൊണ്ട് പൃഥ്വിയും ജലവും അപ്പുറം കലർന്ന കാറ്റൊടങ്ങണഞ്ഞു വിണ്ണിൽ അപ്പുറത്ത് കാറ്റും അതണഞ്ഞ് ആഹാ ആകാശവും അപ്പോൾ എല്ലായി ഒന്നതിനകത്ത് പറഞ്ഞിട്ടില്ല ഏതാ ഏ അഗ്നി നേരത്തെ പറഞ്ഞ ആ കുണ്ടത്തിൻ്റെ തുടർച്ചയായിട്ട് വളരെ ഭംഗിയായിട്ട് പറയാണ് അനുഗ്രഹിച്ചുകൊണ്ട് അപ്പോൾ അനുഗ്രഹിക്കുന്നതാ അഗ്നിയാണ് അനുഗ്രഹിക്കുന്നതാ ജ്യോതിഷാണ് ആ ജ്യോതിഷാണ് ഏത് ജ്യോതിഷ നത്രത്ര സൂര്യോ ഭാധി നന്ദ്രതാരകം നയമാവിതി ഭാധു അഗ്നി തമേവന്തതിർവ തയ്യാസം വിഭാതി ആജ്യോതിസ് ഭാസയതേ സൂര്യ ന ശോന പാവകർത്ത പരമം മമ ആ ജ്യോതിസ് ഉളിതിങ്കൾ നശിക്കിലും ദിവാകര തേജസ്സും അറിഞ്ഞു പോകിലും ജ്വലൻ വിളയിക്കിലും ചരാചരമിപ്പാരുവിളക്കുമേ ഭവാൻ ആ അതാണ് മഹസ് അതിലാണ് ഇതെല്ലാം വർദ്ധിക്കുന്നത് ഇത് ബൃഹദാരണ്യകത്തിൽ യാജ്ഞവൽക്കനും ജനകനും തമ്മിലിതിനൊരു സംഭാഷണമുണ്ട്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 ഒരു നിമിഷം നിർത്തി നോക്കിയിട്ടാണ് മറുപടി പറഞ്ഞേ ആത്മാവാണ് ജനക മനുഷ്യൻ്റെ വെളിച്ചം നല്ല കർക്കിടക മാസത്തിലെ കറുത്തവാവിൻ്റെ അന്ന് രാത്രി യാതൊരു വെളിച്ചവും കിടന്നുറങ്ങുന്ന നിങ്ങൾ നിങ്ങളുടെ അമ്മയെ നല്ല പ്രകാശത്തിൽ കാണുകയാണ് സൂര്യനസ്തമിച്ചു ചന്ദ്രനസ്തമിച്ചു അഗ്നി കട്ടടങ്ങി വാക്കു പിൻവാങ്ങി ഇന്ദ്രിയങ്ങളെല്ലാം ഉപസംഹൃതങ്ങളായി കാണണമെങ്കിൽ പ്രമാണചൈതന്യവും പ്രമേയ ചൈതന്യവും പ്രമാതൃചൈതന്യവും വേണം ഇവിടെ പ്രമാതാവും പ്രമാണവും പ്രമേയവും ഏകത്ര ആത്മപ്രകാശത്തിൽ വിലയം പ്രാപിച്ചു നിൽക്കുമ്പോൾ അമ്മയെ നല്ല വെളിച്ചത്തിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതും പകൽ അമ്മ വരകെടുത്തു കൊണ്ടുവരുന്നതും കഞ്ഞിവെച്ചു തരുന്നതും ഒക്കെ നല്ല പ്രകാശത്തിൽ കാണുമ്പോൾ സൂര്യനെ പ്രകാശിപ്പിക്കുന്നതും ആത്മാവാണ് രാത്രിയിൽ നല്ല നിലാവത്ത് അമ്മയുടെ കൈപിടിച്ച് നടക്കുന്നതായി കാണുമ്പോൾ ആ ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നതും ആത്മാവാണ് ഇരുട്ടത്തെ അമ്മ ഒരു വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് കഞ്ഞി വിളമ്പിത്തരുന്നതായി കാണുമ്പോൾ ആ വിളക്കിനെ പ്രകാശിപ്പിക്കുന്നതും ആത്മപ്രകാശം ആ വിളക്കണഞ്ഞു ഒരു വാക്കിൻ്റെ സുരസീമയിൽ പദാർത്ഥങ്ങളെ എടുത്തു കൊണ്ട് വാക്കിനെ പ്രകാശിപ്പിക്കുന്നതും ആത്മാവാണ്